യൂണിറ്റ് ടെൻ ലെസൺ തേർട്ടി സെവൻ ലെസൺ അദ്ദേഹവും തന്റെ വലയിൽ വീണോ ഹലോ മിസ്റ്റർ അഹമ്മദ് താങ്കൾ സ്ഥലത്തെത്തിയോ എപ്പോൾ വന്നു ഒരു ചൂട് ചായക്കെങ്കിലും ഓർഡർ കൊടുക്കട്ടോ മൂന്ന് മക്കളായി വയസ്സുമായി ഇനിയും നിർത്തിയില്ലേ തന്റെ കളിയും ഒക്കെ അസൂയൊക്കെ തന്റെ കയ്യിൽ ഇരിക്കട്ടെ താങ്കളും ഒന്നിങ്ങോട്ട് നോക്കണം എന്റെ ഒരൊറ്റ തലമുടി പോലും നരച്ചില്ല വയസ്സും നാൽപ്പത് തികഞ്ഞില്ല അതിനു മുൻപേ താനെന്നെ വയസ്സനെന്ന് മുദ്ര ശരി ശരി സമ്മതിച്ചു കൂർപ്പു സാറേ ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ ഓഫീസർ എങ്ങനെ ആളൊരു ശുദ്ധഭാവം വളരെ സൗമ്യനും പക്ഷെ ഓഫീസ് കാര്യത്തിനൊക്കെ മിടുക്കം തന്നെ കേട്ടോ എല്ലാവരുടെ കാര്യത്തിലും നല്ല ശുഷ്കാന്തിയും കരുണയും ആരോടും അധികം സംസാരിക്കില്ല നല്ല പെരുമാറ്റം ചുരുക്കത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തിന് നന്നാ പിടിച്ചു വളരെ പുകഴ്ത്തുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹവും തന്റെ വലയിൽ വീണോ ഭയങ്കരം തന്നിടോ താൻ ഇത്ര വേഗം മണിയടിക്കാൻ തുടങ്ങിയോ അതുകൊള്ളാം അഹമ്മദ് കാക്കയും പഠിച്ചല്ലോ ആളുകളെ കളിയാക്കാൻ ഗുരുവിനെയും പഠിപ്പിക്കുമല്ലോ കളയിടോ തമാശ താൻ സ്വാമിയുടെ സെന്റോഫിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അതെന്താ സ്വാമി സമ്മതിച്ചില്ലേ െന്തു വിചാരിച്ചടോ കുറിപ്പിനെ പറ്റി സ്വാമി ആദ്യം സമ്മതിച്ചില്ല പക്ഷേ ഞാൻ പിന്നെ സമ്മതിപ്പിച്ചു തന്റെ സാമർഥ്യത്തെ പറ്റി കേട്ടു അതു മതി ഇനി യാത്രയപ്പു സൽക്കാരത്തിന്റെ കാര്യം പറ കേൾക്കട്ടെ ആരൊക്കെ അതിന് മുൻകൈ എടുത്തു സോമൻ റഹീം ജോണി പിന്നെ ഞാൻ ഞങ്ങൾ പത്ത് രൂപ വീതം എല്ലാവരിൽ നിന്നും അത് കാരണം പലരും ഞങ്ങളെ വെറുത്തു കുറെ പേരൊക്കെ നേരെ തന്നെ ശപിച്ചു പിന്നെയാകാം ശരി കേൾക്ക് കോഫി ഹൗസിൽ വെച്ച് ഞങ്ങളൊരു ഗംഭീരൻ ചായ നടത്തി ഫോട്ടോ എടുത്തില്ലേ എടുത്തു നമ്മുടെ ഗണേശൻ അപ്സറ സ്റ്റുഡിയോക്കാരെ ഏർപ്പാട് ചെയ്തു സ്വാമിക്ക് ഞങ്ങളൊരു നല്ല സമ്മാനവും കൊടുത്തു സമ്മാനം വാങ്ങാൻ നമ്മുടെ കമ്മിറ്റിക്കാരെ ഒക്കെ അയച്ചു ലേഡീസ് സ്റ്റാഫും പോയി ഒരു ടേബിൾ ഫാനും നല്ലൊരു പെൻസെറ്റും വാങ്ങിച്ചു സ്വാമിക്ക് സന്തോഷമായോ പിന്നെ താഹന രംഗം ഒന്ന് കാണണമായിരുന്നു സ്വാമിയുടെ കഷണ്ടി തല പോലെ തന്നെ ആ കണ്ണുകളും തിളങ്ങി സ്വാമിയുടെ ഇടത്തു തന്നെ ഞാൻ പോട്ടുവയ്ക്കിരുന്നു ജോണി നേരെ പുറകിൽ നിന്നു Listen and repeat. Hello Mr. Ahmad. Thank you very much. Hello Mr. Ahmad. താങ്കൾ സ്ഥലത്തെത്തിയോ എപ്പോൾ വന്നു എപ്പോൾ വന്നു ഒരു ചൂട് ചായക്കെങ്കിലും ഓർഡർ കൊടുക്കട്ടോ ഒരു ചൂട് ചായക്കെങ്കിലും ഓർഡർ കൊടുക്കട്ടോ മൂന്ന് മക്കളായി വയസ്സനുമായി മൂന്നു മക്കളായി വയസ്സനുമായി ഇനിയും നിർത്തിയില്ലേ തന്റെ കളിയും തമാശയുമൊക്കെ ും നിർത്തിയില്ലേ തന്റെ കളിയും തമാശയുമൊക്കെ അസൂയൊക്കെ തന്റെ കയ്യിൽ ഇരിക്കട്ടെ അസൂയയൊക്കെ തന്റെ കയ്യിലിരിക്കട്ടെ താങ്കൾ ഒന്ന് ഇങ്ങോട്ട് നോക്കണം താങ്കൾ ഒന്നിങ്ങോട്ട് നോക്കണം എന്റെ ഒരൊറ്റ തലമുടി പോലും നരച്ചില്ല എന്റെ ഒരൊറ്റ തലമുടി പോലും നരച്ചില്ല വയസ്സും നാൽപ്പത് തികഞ്ഞില്ല വയസ്സും നാൽപ്പത് തികഞ്ഞില്ല അതിനു മുൻപേ താൻ എന്നെ വയസ്സനെന്ന് മുദ്രകുത്തിയോ അതിനു മുൻപേ താൻ എന്നെ വയസ്സനെന്ന് മുദ്രകുത്തിയോ ശരി ശരി സമ്മതിച്ചു ശരി ശരി സമ്മതിച്ചു കുറിപ്പു സാറെ ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷം കുറുപ്പു സാറേ ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ ഓഫീസർ എങ്ങനെയിരിക്കുന്നു പുതിയ ഓഫീസർ എങ്ങനെ ആൾ ഒരു ശുദ്ധ പാവം ആൾ ഒരു ശുദ്ധ പാവം വളരെ സൗമ്യനും വളരെ സൗമ്യനും പക്ഷേ ഓഫീസ് കാര്യത്തിനൊക്കെ ൻ തന്നെ പക്ഷേ ഓഫീസ് കാര്യത്തിനൊക്കെ മിടുക്കൻ തന്നെ കേട്ടോ എല്ലാവരുടെ കാര്യത്തിലും നല്ല ശുഷ്കാന്തിയും കരുണയും കേട്ടോ എല്ലാവരുടെ കാര്യത്തിലും നല്ല ശുഷ്കാന്തിയും കരുണയുമുണ്ട് ആരോടും അധികം സംസാരിക്കില്ല ആരോടും അധികം സംസാരിക്കില്ല നല്ല പെരുമാറ്റം നല്ല പെരുമാറ്റം ചുരുക്കത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തിന് നന്നാ പിടിച്ചു ചുരുക്കത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തിന് നന്നാ പിടിച്ചു വളരെ പുകഴ്ത്തുന്നുണ്ടല്ലോ വളരെ പുകഴ്ത്തുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹവും തന്റെ വലയിൽ വീണോ അപ്പോൾ അദ്ദേഹവും തന്റെ വലയിൽ വീണോ ഭയങ്കരം തന്നിടോ ഭയങ്കരം തന്നിടോ താൻ ഇത്ര വേഗം മണി അടിക്കാൻ തുടങ്ങിയോ ഇത്ര വേഗം മണിയടിക്കാൻ തുടങ്ങിയോ അതുകൊള്ളാം അഹമ്മദ് കാക്കയും പഠിച്ചല്ലോ ആളുകളെ കളിയാക്കാൻ അതുകൊള്ളാം അഹമ്മദ് കാക്കയും പഠിച്ചല്ലോ ആളുകളെ കളിയാക്കാൻ ഗുരുവിനെയും പഠിപ്പിക്കുമല്ലോ ഗുരുവിനെയും പഠിപ്പിക്കുമല്ലോ കളയിടൂ തന്റെ തമാശ കളയിടൂ തൻ്റെ തമാശ താൻ സ്വാമിയുടെ സെന്റ് ഓഫിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ താൻ സ്വാമിയുടെ സെന്റ് ഓഫിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അതെന്താ സ്വാമി സമ്മതിച്ചില്ലേ അതെന്താ സ്വാമി സമ്മതിച്ചില്ലേ താൻ എന്ത് വിചാരിച്ചിടോ കുറിപ്പിനെ പറ്റി താൻ എന്ത് വിചാരിച്ചടോ കുറിപ്പിനെ പറ്റി സ്വാമി ആദ്യം സമ്മതിച്ചില്ല വാമി ആദ്യം സമ്മതിച്ചില്ല പക്ഷേ ഞാൻ പിന്നെ സമ്മതിപ്പിച്ചു പക്ഷേ ഞാൻ പിന്നെ സമ്മതിപ്പിച്ചു തന്റെ സാമർഥ്യത്തെ പറ്റി കേട്ടു തന്റെ സാമർഥ്യത്തെ കേട്ടു അതു മതി അതു മതി ഇനി യാത്രയപ്പു സൽക്കാരത്തിന്റെ കാര്യം പറ ഇനി യാത്രയപ്പു സൽക്കാരത്തിന്റെ കാര്യം പറ കേൾക്കട്ടെ ആരൊക്കെ അതിന് മുൻകൈ എടുത്തു കേൾക്കട്ടെ ആരൊക്കെ അതിന് മുൻകൈ എടുത്തു സോമൻ റഹീം ജോണി പിന്നെ ഞാൻ സോമൻ റഹീം ജോണി പിന്നെ ഞാൻ ഞങ്ങൾ പത്ത് രൂപ വീതം എല്ലാവരിൽ നിന്നും പിരിച്ചു ഞങ്ങൾ പത്ത് രൂപ വീതം എല്ലാവരിൽ നിന്നും പിരിച്ചു അത് കാരണം പലരും ഞങ്ങളെ വെറുത്തു അത് കാരണം പലരും ഞങ്ങളെ വരുത്തു കുറെ പേരൊക്കെ നേരെ തന്നെ ശപിച്ചു കുറെ പേരൊക്കെ നേരെ തന്നെ ശപിച്ചു ടിപ്പണി പിന്നെയാകാം ടിപ്പണി പിന്നെയാകാം കാര്യം പറയടൂ ശരി കേൾക്ക് ശരി കേൾക്ക് കോഫി ഹൌസിൽ വച്ച് ഞങ്ങൾ ഒരു ഗംഭീരൻ ചായസൽക്കാരം നടത്തി ഫി ഹൌസിൽ വച്ച് ഞങ്ങൾ ഒരു ഗംഭീരൻ ചായ സൽക്കാരം നടത്തി ഫോട്ടോ എടുത്തില്ലേ ഫോട്ടോ എടുത്തില്ലേ എടുത്തു നമ്മുടെ ഗണേശൻ അപ്സര സ്റ്റുഡിയോക്കാരെ ഏർപ്പാട് ചെയ്തു എടുത്തു നമ്മുടെ ഗണേശൻ അപ്സര സ്റ്റുഡിയോക്കാരെ ഏർപ്പാട് ചെയ്തു സ്വാമിക്ക് ഞങ്ങൾ ഒരു നല്ല സമ്മാനവും കൊടുത്തു സ്വാമിക്ക് ഞങ്ങൾ ഒരു നല്ല സമ്മാനവും കൊടുത്തു സമ്മാനം വാങ്ങാൻ നമ്മുടെ കമ്മിറ്റിക്കാരെ ഒ സമ്മാനം വാങ്ങാൻ നമ്മുടെ കമ്മിറ്റിക്കാരെ ഒക്കെ അയച്ചു ലേഡീസ് സ്റ്റാഫും പോയി േഡീസ് സ്റ്റാഫും പോയി ഒരു ടേബിൾ ഫാനും നല്ല ഒരു പെൻസെറ്റും വാങ്ങിച്ചു ഒരു ടേബിൾ ഫാനും നല്ല ഒരു പെൻസെറ്റും വാങ്ങിച്ചു സ്വാമിക്ക് സന്തോഷമായോ സ്വാമിക്ക് സന്തോഷമായോ പിന്നെ താൻ ആ രംഗമൊന്ന് കാണണമായിരുന്നു പിന്നെ ആ രംഗമൊന്ന് കാണണമായിരുന്നു സ്വാമിയുടെ കഷണ്ടി തല പോലെ തന്നെ ആ കണ്ണുകളും തിളങ്ങി സ്വാമിയുടെ കഷണ്ടി തല പോലെ തന്നെ ആ കണ്ണുകളും തിളങ്ങി സ്വാമിയുടെ ഇടത്തു വശത്തു തന്നെ ഞാൻ ഫോട്ടോയ്ക്കിരുന്നു സ്വാമിയുടെ ഇടത്തുവശത്തു തന്നെ ഞാൻ ഫോട്ടോയ്ക്കിരുന്നു ജോണി നേരെ പുറകിൽ നിന്നു ജോണി നേരെ പുറകിൽ നിന്നു െത്തി കഴിഞ്ഞ മാസം തന്നെ അയാൾ ഇവിടെ എത്തി സാഹിത്യ സമ്മേളനം ബുധനാഴ്ച തുടങ്ങിയില്ല സാഹിത്യ സമ്മേളനം ബുധനാഴ്ച തുടങ്ങിയില്ല ആ കല്യാണത്തിന് രാഘവൻ സമ്മതിച്ചോ ആ കല്യാണത്തിന് രാഘവൻ സമ്മതിച്ചോ പുതിയ ഓഫീസറെ എല്ലാവർക്കും പിടിച്ചില്ല പുതിയ ഓഫീസറെ എല്ലാവർക്കും പിടിച്ചില്ല എന്റെ മകൾക്ക് അഞ്ചു വയസ്സ് തികഞ്ഞു എന്റെ മകൾക്ക് അഞ്ചു വയസ്സ് തികഞ്ഞു അവസാനവും അവൾ സത്യം പറഞ്ഞില്ലേ അവസാനവും അവൾ സത്യം പറഞ്ഞില്ലേ അവർ എല്ലാ കഥയും കേട്ടോ അവർ എല്ലാ കഥയും കേട്ടോ ടീച്ചർ ക്ലാസ് നേരത്തെ വിട്ടില്ല ടീച്ചർ ക്ലാസ് നേരത്തെ വിട്ടില്ല എല്ലാവരും അവളുടെ വലയിൽ വീണു എല്ലാവരും അവളുടെ വലയിൽ വീണു കുഞ്ഞ് താഴെ വീണില്ല കുഞ്ഞ് താഴെ വീണില്ല ലൈബ്രറിയിൽ നിന്ന് നീ പുസ്തകം എടുത്തു ലൈബ്രറിയിൽ നിന്ന് നീ എത്ര പുസ്തകം എടുത്തു കൊച്ചുകുട്ടിക്കും അവർ ഒന്നും കൊടുത്തില്ലേ കൊച്ചുകുട്ടിക്കും അവർ ഒന്നും കൊടുത്തില്ലേ നിന്റെ ജോലിയും ഞാൻ ചെയ്തു നിന്റെ ജോലിയും ഞാൻ ചെയ്തു മിനിഞ്ഞാന്നും മഴ പെയ്തില്ല മിനിഞ്ഞാന്നും മഴ പെയ്തില്ല വലിയ കസേരയിൽ അപ്പൂപ്പൻ ഇരുന്നു വലിയ കസേരയിൽ അപ്പൂപ്പൻ ഇരുന്നു അവൾ പഴയ കഥയൊന്നും മറന്നില്ല അവൾ പഴയ കഥയൊന്നും മറന്നില്ല ആ കസേരയുടെ പുറകിൽ അവൻ നിന്നു ആ കസേരയുടെ പുറകിൽ അവൻ നിന്നു കൊച്ചു കുഞ്ഞ് ഇഡലി മുഴുവൻ തിന്നില്ല കൊച്ചു കുഞ്ഞ് ഇഡലി മുഴുവൻ തിന്നില്ല ബിൽഡപ് ഡ്രിൽ മോഡൽ പിരിച്ചു രൂപ രൂപ പിരിച്ചു പതിനായിരം പതിനായിരം രൂപ പിരിച്ചു സ്കൂളിനു വേണ്ടി സ്കൂളിനു വേണ്ടി പതിനായിരം രൂപ പിരിച്ചു മലയാളം മലയാളം സ്കൂളിനു വേണ്ടി പതിനായിരം രൂപ പിരിച്ചു കേരള സമാജക്കാർ കേരള സമാജക്കാർ മലയാളം സ്കൂളിന് വേണ്ടി പതിനായിരം രൂപ പിരിച്ചു നൗ ഫോളോ ദോഡൽ നടത്തിയില്ല ചായസൽക്കാരം ചായ സൽക്കാരം നടത്തിയില്ല യാത്രഅയപ്പിന് ചായസൽക്കാരം നടത്തിയില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ യാത്രയപ്പിന് ചായസൽക്കാരം നടത്തിയില്ല കരഞ്ഞോ ഉറക്കയുറക്ക് ഉറക്കയുറക്ക് കരഞ്ഞോ കാളിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി ഉറക്കയുറക്ക് കരഞ്ഞോ അമ്മയെ അമ്മയെ കാണിക്കാൻ വേണ്ടി ഉറക്കയുറക്ക് കരഞ്ഞോ കുഞ്ഞ് കുഞ്ഞ് അമ്മയെ കാണിക്കാൻ വേണ്ടി ഉറക്കയുറക്കെ കരഞ്ഞോ കൊടുത്തില്ലേ ഒന്നും ഒന്നും കൊടുത്തില്ലേ സമ്മാനം സമ്മാനം ഒന്നും കൊടുത്തില്ലെ കല്യാണത്തിനും കല്യാണത്തിനും സമ്മാനം ഒന്നും കൊടുത്തില്ലേ കൂട്ടുകാരിയുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിനും സമ്മാനമൊന്നും കൊടുത്തില്ലേ ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ കുഞ്ഞ് ഉറങ്ങുന്നു കുഞ്ഞ് ഉറങ്ങി നൗ ഫോളോ ദ മോഡൽ അവൾ എല്ലാവരോടും പിണങ്ങുന്നു അവൾ എല്ലാവരോടും പിണങ്ങി ഞാൻ ആ പടത്തിൽ നോക്കുന്നു ഞാൻ ആ പടത്തിൽ നോക്കി രാധ ഉറക്കെ പാട്ടുപാടുന്നു രാധ ഉറക്കെ പാട്ടുപാടി അവർ കളിയും തമാശയും നിർത്തുന്നു അവർ കളിയും തമാശയും നിർത്തി മോഡൽ ടു എല്ലാവരെയും ക്ഷണിക്കുന്നു കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിച്ചു നൌ ഫോളോ ദ മോഡൽ രമണി കൂട്ടുകാർക്ക് കത്ത് അയയ്ക്കുന്നു രമണി കൂട്ടുകാർക്ക് കത്ത് അയച്ചു അമ്മ വാസുവിനെ വിളിക്കുന്നു അമ്മ വാസുവിനെ വിളിച്ചു പല കാര്യങ്ങളും അങ്ങനെ സംഭവിക്കുന്നു പല കാര്യങ്ങളും അങ്ങനെ സംഭവിച്ചു കുഞ്ഞ് നന്നായി ചിരിക്കുന്നു കുഞ്ഞ് നന്നായി ചിരിച്ചു മോഡൽ ത്രീ വാതിൽ കാറ്റത്ത് അടയുന്നു വാതിൽ കാറ്റത്ത് അടഞ്ഞു നൗ ഫോളോ ദോഡൽ സുധ കഥ പറയുന്നു സുധ കഥ പറഞ്ഞു കുട്ടിയുടെ തുണിയെല്ലാം നനയുന്നു കുട്ടിയുടെ തുണിയെല്ലാം മൂത്ത കുട്ടിക്കും ഈ മാസം അഞ്ചു വയസ്സു തികയുന്നു മൂത്ത കുട്ടിക്കും ഈ മാസം അഞ്ചു വയസ്സ് തികഞ്ഞു അമ്മ എല്ലാം അറിയുന്നു അമ്മ എല്ലാം അറിഞ്ഞു മോഡൽ ഫോർ യേശുദാസന്റെ പാട്ട് നിങ്ങൾ കേൾക്കുന്നു യേശുദാസന്റെ പാട്ട് നിങ്ങൾ കേട്ടോ നൗ ഫോളോ ദ മോഡൽ ടീച്ചർ ഇന്നും ക്ലാസ് താമസിച്ചു വിടുന്നോ ടീച്ചർ ഇന്നും ക്ലാസ് താമസിച്ചു വിട്ടോ കുട്ടികളെല്ലാം നേരത്തേ ഉണ്ണുന്നു കുട്ടികളെല്ലാം നേരത്തെ ഉണ്ടോ ആ പൂന്തോട്ടത്തിന്റെ ഭംഗി നീയും കാണുന്നു പൂന്തോട്ടത്തിന്റെ ഭംഗി നീയും കണ്ടോ ഫൈവ് അയാളുടെ തലയിൽ നിന്ന് അതൊക്കെ വീഴുന്നു അയാളുടെ തലയിൽ നിന്ന് അതൊക്കെ വീണു നൗ ഫോളോ ദ മോഡൽ അവളുടെ വലയിൽ അദ്ദേഹം വീഴുന്നു അവളുടെ വലയിൽ അദ്ദേഹം വീണു വെള്ളം വീണ്ടും വീണ്ടും താഴുന്നു വെള്ളം വീണ്ടും വീണ്ടും താണോ മോഡൽ സിക്സ് ഞാൻ തന്നെ ആ പുസ്തകം എടുക്കുന്നു ഞാൻ തന്നെ ആ പുസ്തകം എടുത്തു നൗ ഫോളോ ദോഡൽ അവനെയും കളിയിൽ ചേർക്കുന്നു അവനെയും കളിയിൽ ചേർത്തു എല്ലാവരും അദ്ദേഹത്തിന് ഓർക്കുന്നു എല്ലാവരും അദ്ദേഹത്തിനെ ഓർത്തു മകളുടെ കല്യാണത്തിനു എല്ലാവർക്കും അദ്ദേഹം വലിയ സദ്യ കൊടുക്കുന്നു മകളുടെ കല്യാണത്തിന് എല്ലാവർക്കും അദ്ദേഹം വലിയ സദ്യ കൊടുത്തു ആ പിശുക്കനെ ഭാര്യ പോലും വെറുക്കുന്നു ആ പിശുക്കനെ ഭാര്യ പോലും വെറുത്തു മോഡൽ സെവൻ എല്ലാ ജോലിയും നന്നായി ചെയ്യുന്നില്ലേ എല്ലാ ജോലിയും നന്നായി ചെയ്തില്ലേ നൗ ഫോളോ ദോഡൽ വലിയ മഴ പെയ്യുന്നില്ലേ വലിയ മഴ പെയ്തില്ലേ ഞാനും അങ്ങനത്തെ ജോലി ചെയ്യുന്നില്ലേ ഞാനും അങ്ങനത്തെ ജോലി ചെയ്തില്ലേ മോഡൽ എയ്റ്റ് സംഭവങ്ങൾ മറക്കുന്നു കുട്ടിക്കാലത്തെ സംഭവങ്ങൾ മറന്നു നൗ ഫോളോ ദ മോഡൽ അച്ഛൻ വേഗം വേഗം നടക്കുന്നു അച്ഛൻ വേഗം വേഗം നടന്നു എന്റെ വീട്ടിൽ വിരുന്നുകാർ വരുന്നു എന്റെ വീട്ടിൽ വിരുന്നുകാർ വന്നു പഞ്ചസാരയൊക്കെ തീരുന്നു പഞ്ചസാരയൊക്കെ തീർന്നു മോഡൽ നയൻ ആരും ഒന്നും തിന്നുന്നില്ല ആരും ഒന്നും തിന്നില്ല നൗ ഫോളോ ദ മോഡൽ ആ പലഹാരം മുഴുവൻ കുഞ്ഞുങ്ങൾ തിന്നുന്നില്ല ആ പലഹാരം മുഴുവൻ കുഞ്ഞുങ്ങൾ തിന്നില്ല അവൾ എട്ടു മണി മുതൽ അവിടെ തന്നെ നിൽക്കുന്നില്ല അവൾ എട്ടു മണി മുതൽ അവിടെ തന്നെ നിന്നില്ല മോഡൽ ടെൻ എന്റെ മകൻ മൂന്ന് ഭാഷ പഠിക്കും എന്റെ മകൻ മൂന്ന് ഭാഷ പഠിച്ചു നൗ ഫോളോ ദോഡൽ അദ്ദേഹവും കഥകളി ആസ്വദിക്കും അദ്ദേഹവും കഥകളി ആസ്വദിച്ചു എല്ലാ സാധനങ്ങളും മുഹമ്മദിന്റെ കടയിൽ നിന്ന് വാങ്ങും എല്ലാ സാധനങ്ങളും മുഹമ്മദിന്റെ കടയിൽ നിന്ന് വാങ്ങി രാമു രാവിലെ വരും രാമു രാവിലെ എട്ടു മണിക്ക് വന്നു അദ്ദേഹം വിഷയത്തിലോട്ടു കടക്കും അദ്ദേഹം വിഷയത്തിലോട്ട് കടന്നു അമ്മ തുണിയൊക്കെ നനക്കും അമ്മ തുണിയൊക്കെ നനച്ചു മോഡൽ ലെവൻ തോമസ് ഉറങ്ങി തോമസ് ഉറങ്ങിയില്ല നൗ പോള മോഡൽ തുണിയൊക്കെ നനഞ്ഞു തുണിയൊക്കെ നനഞ്ഞില്ല പുതിയ വീടു വാങ്ങി പുതിയ വീട് വാങ്ങിയില്ല പരീക്ഷയിൽ തോറ്റു പരീക്ഷയിൽ തോറ്റില്ല കഥ നന്നായി കേട്ടു കഥ നന്നായി കേട്ടില്ല പാഠവും എഴുതി പാഠവും എഴുതിയില്ല റെസ്പോൺസ് ഡ്രിൽ മോഡൽ വൺ നിങ്ങൾ ഞാൻ മിനിഞ്ഞാന്ന് വന്നു നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ പോയോ ഇന്നു രാവിലെ നീ എന്തൊക്കെ തിന്നു ഇതുവരെ നിങ്ങൾ എത്ര പാഠം പഠിച്ചു നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു ട്രെയിനിലോ ബസ്സിലോ നിങ്ങൾ എത്രാമത്തെ വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങി ോഡൽ ടു മുഴുവൻ പഞ്ചസാരയും തീർന്നു തീർന്നു മുഴുവൻ പഞ്ചസാരയും തീർന്നു ഇല്ല മുഴുവൻ പഞ്ചസാരയും തീർന്നില്ല നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ അവരെ മറന്നു മറന്നു ഞാൻ അവരെ മറന്നു ഇല്ല ഞാൻ അവരെ മറന്നില്ല കുഞ്ഞ് കരഞ്ഞു കരഞ്ഞു കുഞ്ഞ് ഉറക്കെ കരഞ്ഞു ഇല്ല കുഞ്ഞ് ഉറക്കെ കരഞ്ഞില്ല അമ്മ കൂട്ടാനൊക്കെ വച്ചോ വച്ചു അമ്മ കൂട്ടാനൊക്കെ വച്ചു ഇല്ല അമ്മ കൂട്ടാൻ ഒന്നും വച്ചില്ല നിങ്ങൾ ചോറുണ്ടോ ചോറുണ്ടു ഇല്ല ഞാൻ ചോറുണ്ടില്ല നീ ഇത്ര വേഗം ഉറങ്ങിയോ ഉറങ്ങി ഞാൻ നേരത്തെ ഉറങ്ങി ഇല്ല ഞാൻ നേരത്തെ ഉറങ്ങിയില്ല ഭാഷാ സമ്മേളനവും ഈ വർഷം നടത്തിയോ നടത്തി ഭാഷാ സമ്മേളനവും ഈ വർഷം നടത്തി ഇല്ല ഭാഷാ സമ്മേളനവും ഈ വർഷം നടത്തിയില്ല മോഡൽ ത്രീ നിങ്ങൾ പരീക്ഷയിൽ തോറ്റില്ലേ തോറ്റു ഞാൻ സ്കൂൾ പരീക്ഷയിൽ തോറ്റു ഇല്ല ഞാൻ സ്കൂൾ പരീക്ഷയിൽ തോറ്റില്ല നൗ ഫോളോ ദോഡൽ ഇന്നു രാവിലെ അച്ഛൻ നിരക്ക് സമ്മാനം തന്നില്ലേ തന്നു ഇന്ന് രാവിലെ അച്ഛൻ എനിക്ക് സമ്മാനം തന്നു ഇല്ല ഇന്ന് രാവിലെ അച്ഛൻ എനിക്ക് സമ്മാനം തന്നില്ല മിനിഞ്ഞന്നു രാത്രി മഴ പെയ്തില്ലേ പെയ്തു മിനിഞ്ഞാന്ന് രാത്രി മഴ പെയ്തു ഇല്ല മിനിഞ്ഞാന്ന് രാത്രി മഴ പെയ്തില്ല നീ ആ ഹിന്ദി സിനിമ കണ്ടില്ലേ കണ്ടു ഞാൻ ആ ഹിന്ദി സിനിമ കണ്ടു ഇല്ല ഞാൻ ആ ഹിന്ദി സിനിമ കണ്ടില്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ കഴിഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞു ഇല്ല എന്റെ കല്യാണം കഴിഞ്ഞില്ല നിങ്ങൾ സ്വന്തം കാർ വാങ്ങിയില്ലേ വാങ്ങി ഞാൻ സ്വന്തം കാർ വാങ്ങി ഇല്ല ഞാൻ സ്വന്തം കാർ വാങ്ങിയില്ല